പീയുടെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം വന്നു അവിടെ പോയാലെ ആളുകൾ വായിച്ചോണ്ടിരിക്കും പവർ ഓഫ് ദ നൗ എന്ന് പറഞ്ഞിട്ടുണ്ട് ലോക പ്രസിദ്ധമായി തീർന്നിരിക്കുക ആ പുസ്തകം ഇതൊക്കെ പഴയ കാര്യമാണ് പവർ ഓഫ് ദ നൗ പക്ഷെ പുസ്തകം വായിച്ചാൽ പോരാ യു ഹാവ് ടു സീ ദ നൌ കാലം ഈശ്വര സ്വരൂപമാണ് കാലത്തിനെ നൗ ആയിട്ട് കണ്ടാൽ അത് ആത്മാവാണ് െ പാസ്റ്റ് ഫ്യൂച്ചറുമായിട്ട് കണ്ട കാലമായി വർത്തമാനം എന്ന് വെച്ചാൽ എന്താ ചുമ്മാ സ്റ്റിൽ തോട്ട്ലെസ് നിശണം മനസ് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും ഉള്ള പെണ്ടുലം അതതിന്റെ സ്വഭാവമാണ് എപ്പോഴും ഇരുന്നു കൊണ്ടേയിരിക്കുന്ന ആ വർത്തമാനത്തിന് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നാൽ ഈശ്വരന് ബോധസ്വരൂപമായിട്ട് ചിത് സ്വരൂപമായിട്ട് തിരിച്ചറി അവിടെ നാശമൊന്നുമില്ല ജനനമില്ല മരണമില്ല ഒന്നുമില്ല പക്ഷെ ആ അധിഷ്ഠാനത്തിൽ ഒരു സിനിമ നടക്കുന്നുണ്ട് ആ സിനിമ ട്രാജഡി കോമഡിയൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കും അതിൽ ഇൻവോൾവായ സംഹാരമൊക്കെ കാണുക അതാണ് ഭാഗവതത്തിൽ പരീക്ഷിച്ച് പറയണ ശുഖബ്രഹ്മ മഹർഷിയുടെ അടുത്ത് എനിക്ക് കൃഷ്ണനെ ഉള്ളിലുള്ള കൃഷ്ണനെ പറയൂന്നു പുറത്തുനോക്കിയാൽ കാലം മൃത്യു ഉള്ളിൽ അമൃതം വീരണി തഖിലദേഹഭാജ പൂരുഷ കാളൂപ്പൈ പ്രയത്സോ മൃത്യു അമൃതം ചയാമനുഷ്യ വധസ്വ വിയകൊണ്ട് മനുഷ്യനായി വേഷം കെട്ടി വന്ന അഭഗവാൻ ഉള്ളിലും പുറത്തും ഉള്ളിലെ ആത്മാവായിട്ടും പുറത്ത് കാലമായിട്ടും രണ്ടു രൂപത്തിൽ നിൽക്കണു പുറത്തു നോക്കിയ മൃത്യു അകത്തു നോക്കിയാൽ അമൃതം ആ ഈശ്വരന്റെ വീര്യത്തിനെ എനിക്ക് പറയുന്നത് വീര്യാണി അഖിലദേഹഭാജം അതിന്റെ ഡയമെൻഷൻ പോലെയാണ് ഒരു വശത്ത് മരണം ഒരു വശത്ത് അമൃത്വം ഇങ്ങനെ നോക്കിയാ മൃത്യു നമുക്ക് ചോയ്സ് നമ്മളുടെയാണ് നമ്മുടെ ഭഗവാൻ പറയും കാക്കയുടെ കണ്ണു പോലെ എന്ന് പറയും ഒരു ചൊല്ലുണ്ട് കാക്കയ്ക്ക് ഒരു ഒരു മിഴിയേ ഉള്ളൂ ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് വരും എന്ന് പറയും പാമ്പിന്റെ കണ്ണും ചെവിയും പോലെ പറയും കണ്ണ് കണ്ടാൽ ചെവി കേട്ടില്ല ചെവി കേട്ടാ കണ്ണ് കാണില്ല പറയും അതുപോലെ ോക്കിയാൽ ദുഃഖുണ്ട് ലോകമുണ്ട് ആളുകൾ ചോദിക്കല്ലോ നിങ്ങളൊക്കെ മായയാണെന്ന് പറഞ്ഞു ഒക്കെ ഇല്ലേ ഇതാ അങ്ങനെ ചോദിച്ചാൽ ഉത്തരമേ ഇല്ല എല്ലാം ഉണ്ട് നിങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ വിശക്കും വരും മരണം വരും വ്യാധി വരും ഒക്കെ വരാം തിരിഞ്ഞുള്ളിൽ നോക്കിയാൽ ഇതൊന്നുമില്ല അവിടെ ജനനമില്ല മരണമില്ല മൃത്യു വ്യാധി വിശപ്പ് ദാഹം ക്ഷു ക്ഷുപിപാസെ ജന്മമൃത്യു ഒന്നും ഇല്ല ഇങ്ങനെ ഒരു വശം അങ്ങനെ ഒരു വശം ഇത് രണ്ടും ഭഗവാൻ പറഞ്ഞു ഇത് രണ്ടും ഞാനാണ് അർജുനന്ന് അപ്പൊ ഇതൊന്നും ഇല്ലാതിരിക്കാൻ പറ്റുമോ ജനനം മരണം വ്യാധി ഇതൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതേ സമയം ആ ഒരു ഒരു ഒരു തലത്തിനെ ഉണരാൻ സാധിച്ചാൽ അതിന്റെ ഒരു വൈഭവം ഇതിലുണ്ടാവും എന്നിട്ടിങ്ങനെ ഈ വിശ്വം നോക്കുമ്പോൾ ഇത് മുഴുവൻ ഈശ്വരന്റെ കൃരൂപം ഇവിടെ മരണം എല്ലാം സർവേശ്വരൻ വായി തുറന്ന് ഇരിക്കുകയാണ് അതാണ് നമ്മള് ഇന്നലെ ഭഗവാൻ പറഞ്ഞു കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധ ഞാൻ മുഴുവനും ക്ഷയിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അർജുന നീ ഇല്ലെങ്കിലും ഞാൻ എന്റെ കാര്യം നടത്തും ഋതേ പിം നവിഷ്യന്തി സർവേ നീ ഇല്ലെങ്കിൽ ഇവരാരും ഉണ്ടാവുന്ന വിചാരിക്കേണ്ട ഒക്കെ സെക്കൻഡ്സിൽ പോകും ഇപ്പൊ നിനക്ക് ഒരാക്ടി നടത്താൻ ഒരു സന്ദർഭം തന്നിരിക്കണോ അത്രേയുള്ളൂ തസ്മാ എഴുന്നേക്കു യശോലഭസ്വ പേര് കിട്ടിക്കോട്ടെ നിനക്ക് പേപ്പറിലൊക്കെ നിന്റെ പേര് വരും കാര്യമൊക്കെ ചെയ്യണത് ഞാനാണ് പക്ഷെ നിന്റെ പേരും നിനക്ക് വരും രാജ്യം സമൃദ്ധം ഈ രാജ്യം സുഖമായി അനുഭവിക്കൂ ഇവരെയൊക്കെ ഞാൻ പണ്ടേ കൊന്നുകഴിഞ്ഞു നീ ഒരു വെറും നിമിത്തമായി തീരൂഹേ അർജുന ദ്രോണം ച ഭീഷ്മ ഇവരെയൊക്കെ കണ്ടിട്ടാണല്ലോ അർജുനൻ അയ്യോ ഇവർക്കൊക്കെ എന്ത് സംഭവിക്കൂ എന്റെ ഗുരു എന്റെ മുത്തശ്ശം ദ്രോണം ച ഭീഷം ജയദ്രഥം ചെ ജയദ്രഥൻ കർണം തഥാ അന്യാനപിയോധ വീരാൻ ഇവരൊക്കെ കാണുണ്ടല്ലോ ഭഗവാൻ പറയണത് ഇതൊക്കെ കഴിഞ്ഞു പോയ കഥയാണ് അർജുന അവരൊക്കെ മുമ്പിൽ കാണണ്ട അതൊക്കെ കാണും പക്ഷെ അവരൊക്കെ കാര്യം മുമ്പേ അവരൊക്കെ മരിച്ചു കഴിഞ്ഞു ഇപ്പൊ കാണുന്നത് വെറുതെയാ ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ് മയാഹതാൻ ത്വം അതുകൊണ്ടേ ധൈര്യമായിട്ട് യുദ്ധം നീ ഇപ്പൊ എങ്ങനെ അമ്പ ചെയ്താലും കൊള്ളും അതുകൊണ്ട് ഭയപ്പെടണ്ടാ നീ നീ നീ വെറുതെയാണ് നിന്നെ വെറുതെ ഇവിടെ ഇരുത്തിയിരിക്കുകയാണ് ഒരു പയ്യനെ സ്കൂളിൽ പരീക്ഷ എഴുതാൻ വെച്ചിട്ട് ടീച്ചർ പറയണം ഞാൻ ആൾറെഡി നിനക്ക് നൂറ് മാർക്ക് കിട്ടുകഴിഞ്ഞു നീ എന്ത് വേണമെങ്കിൽ എഴുതുക്കു ഞാനാണ് പേപ്പർ നോക്കണതെന്ന് അതുപോലെ ഭഗവാൻ ഇവിടെ അർജുനന് ഒരു സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ആയതുകൊണ്ട് അർജുനനും ഒരു അവതാരമാണ് നാരായണം നമസ്കൃത്യ നരം ചെയ്വ നരോത്തമം ദേവിയും സരസ്വതിയും വ്യാസം തഥോജയമുദീര നരനാണല്ലോ അർജുനൻ അപ്പൊ അർജുനനും ഈശ്വരന്റെ ഒരു അംശമാണ് അതുകൊണ്ടാണ് ആ വിരാട പർവത്തിൽ തനിച്ചു നിന്ന് എല്ലാവരെയും ജയിച്ചു ഭീഷ്മർ ദ്രോണർ എല്ലാരും ഉണ്ടായിരുന്നു അപ്പോ അതേപോലെ അർജുനനോട് പറ യുദ്ധം ചെയ്യൂ ഇതിപ്പോ ഈ കാര്യം കഴിഞ്ഞിട്ട് ഭാഗവത്തിൽ തമാശ കാണാം നമുക്ക് കൊറേ ലോക്കൽ ഗുണ്ടാസ് വന്നിട്ട് അർജുനൻ തോൽപ്പിച്ചിട്ട് പോകും ആ വിരാടപർവത്തില് ഭീഷ്മര ദ്രോണരെ എല്ലാരെയും തനിച്ച് നിന്ന് ജയിച്ചു അപ്പൊ കൃഷ്ണൻ പോലും ഇല്ല ഇപ്പൊ യുദ്ധഭൂമിയിലെ ഇത്രയും പേര് തനിച്ച് നിന്ന് ജയിച്ചു അപ്പൊ അർജുനൻ വിചാരിച്ചു ഞാൻ ചില്ലറപ്പെട്ടവനല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ അവിടെ കൊറേ സാധാരണ കാട്ടാളന്മാർ വന്ന് തോൽപ്പിച്ചിട്ട് പോയി ധനുഹു സൈഷവഹ ശര ഹയാസ്തേ സോഹം രഥി നൃപതയോ യഥ ആനമന്തി അഭൂ അസതീശരിക്തം ഭസ്മന്യുതം കുഹകരാഗ്ധമിത്തമുഷ്യാം ഭാഗവത്തിൽ പറയാ അർജുനൻ ഒക്കെ ഭസ്മത്തിൽ ഹോമിച്ച പോലെ അതേ ധനു അതേ രഥം അതേ അമ്പുകൾ അതേ ഗാണ്ഡീവം ഒക്കെ ഒന്നും യൂസ്ലെസ് ഒന്നും ഇഫക്റ്റ് ആവണല്ലേ ഒക്കെ മറന്നു പോയി അതുകൊണ്ട് അർജുനന്റെ അടുത്ത് പറയാണ് യുദ്ധസ്വ പേടിക്കണ്ട ജേതാസി നീ ആൾറെഡി ജേച്ചയു ഞേസപത്ന സഞ്ജയ ഉവാച എത്തുവാചനം കെശവസ് കൃതലിപ്പനീടീ നമസ്കൃത ഭൂയേവാഹ കണ ുവാചനം കശവസിേപിരീടീ നമസ്കൃയവാഹ കൃഷ്ണത ഭീതഭീത പ്രണമ്യ അർജുനണ്ടേ സ്ഥിതി ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഏതച്ഛുരുത്വ കേട്ടിട്ട് നമ്മുടെ കൂടെ ഉള്ള കൃഷ്ണനല്ലേന്ന് വിചാരിച്ചതാണ് അപ്പോ കാലപുരുഷനായിട്ട് നിൽക്കണം അപ്പൊ കണ്ടിട്ട് കൃതാഞ്ജലി കൈകൂപ്പി നിന്നുകൊണ്ട് വേപമാനഹം വിറക്കിയത്രയും അർജുന സാധാരണ ആളല്ല ഉം ആരെ കണ്ടാണോ എല്ലാരും പേടിച്ചു വിറക്കിയ അർജുനന് ദത്തുപത് ദുപുത്തനായി ചുണ്ടൊക്കെ അങ്ങനെ സ്പന്ദിക്ക ശരീരമൊക്കെ വിറയ്ക്ക കയ്യില് ഗോ കോതണ്ടൊന്നും നിക്കണില്ല ഗാന്ഡിയൊന്നും നിക്കുന്നില്ല വേപമാനഹ വയസ്സായാ വരണ സ്ഥിതിയാണ് വേപമാനഹ പിന്നെ വില്ലെടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇളകി പോവാ അർജുനനെ ആലോചിച്ചു നോക്കുക ആ സ്ഥിതിയില് പേടിച്ചിട്ടേ അപ്പൊ കാലപുരുഷന്റെ ദർശനം എങ്ങനെയുണ്ടാവും വേപ്പമാന കിരീടി ഗദ്ഗതം തൊണ്ടൊക്കെ എടറിപ്പോയിട്ട് ശബ്ദമൊന്നും ശരിക്കു വരുന്നില്ല ഭീതഭീത എന്തിനാപ്പ ഇങ്ങനെയൊക്കെ മറച്ചു വയ്ക്കണു പേടിച്ചു വരച്ചു ഭീതഭീത നല്ലവണ്ണം ഭയപ്പെട്ട് പ്രണമ്യ വേണു നമസ്കരിച്ചു കൈകൂപ്പി പേടിച്ചു കൊണ്ട് ഭഗവാനെ കണ്ടു ഭയപ്പെട്ടുകൊണ്ട് നരസിംഹാവതാരത്തിനേക്കാളും ഭയങ്കരമായിട്ട് ഇരുന്നുണ്ടാവണിപ്പോ ഹിരണ്യകശുപൂവിനെ പോലെ നരസിംഹാവതാരത്തിൽ ഇത്തിരി ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു ഇരണ്യകശുപൂ ഇതാണല്ലേ വിഷ്ണു എന്നു കഥയൊക്കെ എടുത്തുകൊണ്ട് ചാടി അത്രയ്ക്ക് ധൈര്യം കാണിക്കാനുള്ള ഒരു ഘട്ടപ്പവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ അർജുനനെ പോലെ ഒരു ധൈര്യശാലി പേടിച്ചു പോയി കാണ്ടി പോന്നും നിൽക്കണില്ല ആ കയ്യില് ആ സ്ഥിതിയിൽ വീണുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഭൂയേവ ആഹ കൃഷ്ണ വീണ്ടും കൃഷ്ണനോട് ഈ വിധം പറഞ്ഞു എങ്ങനെയാ പറഞ്ഞ് അർജുന സ്ഥാനികേശതവ പ്രകീർത്തഗത് പ്രഹരിഷ്യനുരജ്യത്തെ ച മസ്യ സിദ്ധസേകേശം ഭഗവാന്റെ ഒരു പേരാണ് ഋഷി കെശൻ ഹൃഷീകാണീകങ്ങൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ ിയങ്ങൾക്കൊക്കെ പ്രാപ്യസ്ഥാനായിട്ടിരിക്കുന്ന അന്തര്യാമിയായ ഭഗവാനെ ഹേ ഋഷി കേശാം തവ പ്രകീർത്തി അങ്ങയുടെ മാഹാത്മ്യ സങ്കീർത്തനം കൊണ്ട് ജഗത് പ്രഹർഷ്യത്തി എല്ലാവരും സന്തോഷിക്കുന്നു ഈശ്വരനെ കീർത്തിച്ച് സ്തുതിച്ചു വേദങ്ങളൊക്കെ തന്നെ സന്തോഷിക്കുന്നു അനുരജ്യതേച്ച് വളരെ പ്രീതിയോടുകൂടെ അനുരഞ്ജനം ചെയ്യപ്പെട്ടിട്ടിരിക്കുന്നു രക്ഷാംസി രാക്ഷസന്മാർ ഭൂതഗണങ്ങളും ദിശോദ്രവന്തി ഭീതാനി ദിശഹാദ്രവന്തി ഭഗവാന്റെ നാമസങ്കീർത്തനം എവിടെ ചെയ്യുന്നു അവിടെ ഈ സൂക്ഷ്മ ഭൂതങ്ങള് പല പ്രാണികളും പല ജീവികളൊക്കെ ഉണ്ടെന്നാണ് നമ്മളൊക്കെ ഉണ്ടെങ്കി അവരുണ്ടാവല്ലോ അപ്പൊ അവരൊക്കെ എങ്ങനെ ഇല്ലാതാവും ഭഗവൻ നാമ സങ്കീർത്തനം ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുമ്പോ നാമത്തിനെ ജപിക്കുമ്പോ ദിശോദ്രവന്തി എവിടേക്കൊക്കെയോ ഓടിപ്പോകുന്നു രക്ഷാംസി ഭീതാനി ദിശോദ്രവന്തി സർവേ നമസ്യന്തിച്ച സിദ്ധസംഗാഹ സിദ്ധന്മാരും ചാരണന്മാരും ഒക്കെ ഭഗവാനെ അങ്ങേ സദാ നമസ്കരിക്കുന്നു കപിലൻ മുതലായിട്ടുള്ളവരാണ് ഈ സിദ്ധന്മാര് അത് ഭൂതഗണങ്ങള് സിദ്ധന്മാര് ചാരണന്മാര് ഗന്ധർവന്മാര് യക്ഷന്മാര് ഈ മനുഷ്യന്മാത്രല്ല നമ്മളുടെ മേലുള്ള കാറ്റഗറീസ് ആണ് അവരൊക്കെ നമുക്ക് ചോട്ടിലുള്ള കാറ്റഗറീസൊക്കെ നമുക്കറിയാം എവലൂഷൻ മനുഷ്യന് വരെ എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മളുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു എവിടെ നിന്ന് അങ്ങോട്ട് മനുഷ്യഗന്ധർവന്മാര് മനുഷ്യ യക്ഷന്മാര് മനുഷ്യസിദ്ധന്മാര് മനുഷ്യചാരണന്മാരൊക്കെ ഉണ്ട് മനുഷ്യരുടെ ഉള്ളില് ഋഷികളുണ്ട് മനുഷ്യരുടെ ഉള്ളില് ജ്ഞാനികളുണ്ട് മനുഷ്യരുടെ ഉള്ളില് മഹേശ്വരനും ഉണ്ടാവും ഇങ്ങനെയല്ലാതെ നമ്മൾക്ക് ദൃഷ്ടിഗോചരമല്ലാത്ത മനുഷ്യഗന്ധർവന്മാരല്ലാതെ ഗന്ധർവഗന്ധർവന്മാര് യക്ഷന്മാര് സിദ്ധന്മാര് ചാരണന്മാര് ഗണങ്ങള് ഇവരൊക്കെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി ഭഗവാനെ നമസ്കരിക്കുന്നു വന്ദിക്കുന്നു എന്തിനാണ് നമസ്കരിക്ക പിന്നെ എന്തു ചെയ്യും എന്നാണ് ഭഗവാന്റെ വൈഭവത്തിനെ നമസ്കരിക്കാതെ എന്ത് ചെയ്യും ഭഗവാന്റെ അടുത്ത് നമുക്ക് ആകെപ്പാടെ എന്താ ചെയ്യാൻ പറ്റുക എന്തു കൊടുക്കാൻ പറ്റും നമസ്കരിക്കാനും വേറെ എന്തു കൊടുക്കും മഹാത്മൻ രീയസേ ബ്രഹ്മണോധി കെ ലാരും കൂടെ ചല്ല ഇതൊക്കെ സ്തുതികളാണ് കസ്മാ തേനേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോ ആദി കെ അനന്ത ദേശവാസ സദസ തത്പറം യത്ത് അവരെങ്ങനെ അങ്ങയെ നമസ്കരിക്കാതെ നമസ്കരിക്കാതെ എങ്ങനെ ഇരിക്കും നമസ്കരിക്കുക തന്നെ ചെയ്യും എന്നർത്ഥം വേദം മുഴുവനും നമസ്കരിക്കുന്നു ഭഗവാന് ഋഗ്വേദം മുഴുവനും സ്തുതി പ്രധാനമാണ് അഗ്നിമീളെ പുരോഹിതം ആരംഭിച്ചാൽ അഗ്നിയെ നമസ്കരിക്കുന്നു നിങ്ങൾ മാത്രമാണോ അല്ല പൂർവകാല ഋഷികളൊക്കെ നമസ്കരിച്ചിരിക്കുന്നു പൂർവേഭിർഷി പൂർവ ഋഷികളും നൂതന ഋഷികളും ആ ഭഗവാനെ വന്ധിക്കുന്നു സ്തുതിക്കുന്നു നമസ്കരിക്കുന്നു നമസ്കരിക്കുക സ്തുതിയാണ് എന്തിനാ നമസ്കരിക്കുന്നത് പിന്നെ എന്ത് ചെയ്യും ഭഗവാന്റെ വൈഭവത്തിനെ നമസ്കരിക്കാൻ യോഗ്യനായിട്ടുള്ളവനാണ് ഭഗവാൻ അതുകൊണ്ട് നമസ്കരിക്കുന്നു ഗരീയസേ ബ്രഹ്മണോപി സൃഷ്ടികർത്താവായ ബ്രഹ്മാവും ഏതൊരു ഈശ്വരന് നാഭികമലത്തിലാണോ ഉണ്ടാവുന്നത് ആ ഭഗവാനെ ഭഗവാന്റെ നാഭിയിലാണല്ലോ സൃഷ്ടികർത്താവ് അനന്തദേവേശ്വ ജഗന്നിവാസം അന്തമില്ലാത്ത അനന്തസ്വരൂപനായ ജഗന്നിവാസനായ ഭഗവാനെ ത്വം അക്ഷരം നാശമില്ലാത്ത അക്ഷരപുരുഷനാണ് സത് അസത്ത് സത്തും അസത്തും അങ്ങാണ് തത്പരംച് അസത് യരം ത്വം അതിന് മൂല കാരണമായ പരബ്രഹ്മവും അങ്ങനെ തന്നെ സത്ത് അസത്ത് എന്ന് വെച്ചാൽ ഈ കാണപ്പെടുന്ന വ്യക്തം അസത്ത് എന്ന് വെച്ചാൽ ഇതൊക്കെ മറിഞ്ഞു കിടക്കുന്ന അവ്യക്തം ഈ വ്യക്തത്തിനും അവ്യക്തത്തിനും അധിഷ്ഠാനമായിരിക്കുന്നത് പരം സത് അസത്ത് തത്പരംച് സത്തും അസത്തും അതിനധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മമും അങ്ങ് തന്നെയാണ് ഈ കാണുന്ന സത്ത് അങ്ങാണ് ഇതൊക്കെ ഏതൊരു അവ്യക്തിത്വത്തിൽ ചെന്ന് ലയിക്കുന്നു അസത്ത് അങ്ങാണ് ഇനി രണ്ടിനും അധിഷ്ഠാനമായിട്ടിരിക്കുന്ന തദ്വസ്തു അങ്ങാണ് എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രാ ഗുരുതരനായും ബ്രഹ്മാവിന് ഹിരണ്യഗർഭനുകൂടി കാരണനായിരിക്കുന്നതിനാൽ ആദികർത്താവുമായിരിക്കുന്ന അങ്ങക്കായിക്കൊണ്ട് എല്ലാവരും എന്തുകൊണ്ട് നമസ്കാരം ചെയ്യുന്നില്ല അങ്ങ് മഹാത്മാവും ആദികാരണനുമായിരിക്കുന്നതിനാൽ ഹർഷാദികൾക്കും നമസ്കാരത്തിനും യോഗ്യമായ വിഷയം അങ്ങ് തന്നെ ആകുന്നു ഹേ അനന്ത് ഹേ ദേവേഷ് ഹേ ജഗന്നിവാസ് വേദാന്തവാക്യങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന പരബ്രഹ്മവും അങ്ങാകുന്നു അങ്ങ് സത്വം അസത്വം ആകുന്നു യാതൊന്നിനെ അപേക്ഷിച്ച് നമുക്ക് ഇല്ല എന്ന ബുദ്ധി ഉണ്ടാകുന്നു അത് തന്നെ അസത്ത് സദസത്തുക്കൾ അക്ഷരത്തിന്റെ ഉപാധികളായി ഭവിക്കുന്നു പഴയ മലയാള ഭാഷ ഇപ്പ ആർക്കും മലയാളം വായിച്ചാൽ തന്നെ മനസ്സിലാവാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോ നമ്മളിരിക്കുന്നത് അതുകൊണ്ട് സത്തിനും അസത്തിനും ഒക്കെ അധിഷ്ഠാനമായ ഭഗവാനെ നമസ്കാരം ത്വമാതിരുഷ പുരാണ ത്വമ നിധാനം പേദ്യം പരം ത്വ തനന്തൂപ നമുക്ക് കൊച്ചിയിൽ കടലിന് ആദ്യമായിട്ട് കിട്ടിയ ശ്ലോകം ഇതാണ് കടലിന് ഗീത കിട്ടിയെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കിട്ടിയ പേപ്പർ ഇതാണ് അപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഈ ശ്ലോകം സമുദ്രം കണ്ടിട്ട് വിശ്വരൂപം ഒക്കെ പറഞ്ഞ് ത്മാതിദേവ പുരുഷ പുരാണ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ചരം ചഥാമ ത്വയാതം വിശ്വമനന്തരൂപ ഈ ശ്ലോകം ചൊല്ലി അത് കഴിഞ്ഞ് ആ പേപ്പർ എടുത്തോണ്ട് വന്നു നോക്കുമ്പോ അതില് ത്വമാതിദേവ പുരുഷ പുരാണ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ചരം ചാമ ത്വതം വിശ്വമനന്തര പിന്നെയാണ് ബാക്കി അധ്യായങ്ങളും ശ്ലോകങ്ങളൊക്കെ പോലും കിട്ടിയത് അത് ഈ ശ്ലോകമാണ് ഭഗവാനെ അർജുനൻ സ്തുതിക്കുന്നു ത്വമാദിദേവ പുരുഷ പുരാണ അങ് ആദിദേവനാണ് ദേവന്മാർക്കൊക്കെ മൂലനായ ആ പരമേശ്വരനാണ് ഭഗവാനാണ് പരമപുരുഷനാണ് പുരുഷ പുരാണ പുരാണെന്നു വെച്ചാൽ പഴയ വസ്തു അല്ലേ മുന്നൈപ്പഴംപൊരുക്കും മുന്നൈ പഴംപൊരുന്ന് അധുനാഭിനം എപ്പോഴും ഫ്രഷാണ് വളരെ പഴയതാണെന്നാണ് ത്വമാതിദേവ പുരുഷ പുരാണ ത്വം അസ്യപരം നിധാനം ഈ വിശ്വത്തിന്റെ അധിഷ്ഠാനമാണ് വേത്താസി എല്ലാത്തിനെ അറിയുന്നവനാണ് വേദ്യം ചെ അറിയപ്പെടേണ്ട വസ്തുവാണ് പരം ച ധാമ എല്ലാത്തിനും ഇരിപ്പിടമാണ് ത്വയാതം വിശ്വമനന്തര ഹേ അനന്തനായ ഭഗവാനേ ഈ വിശ്വം മുഴുവനും അങ്ങയാൽ വ്യാപ്തമായിട്ടിരിക്കുന്നു നിറഞ്ഞിരിക്കുന്നു ത്വയാ തത് ഈ ശ്ലോകത്തിലെല്ലാം കംപ്ലീറ്റ് ആണ് നമുക്ക് ഭഗവാനെ സ്തുതിക്കാവുന്ന ഒരു ശ്ലോകമാണിത് ഈശ്വരനെ നാരായണനെ സ്തുതിക്കുമ്പോ ത്മാതിദേവ പുരുഷ പുരാധാനം ഇതിനൊക്കെ അറിയുന്നവൻ അവിടുന്നാണ് വേദ്യം ചെ അറിയപ്പെടുന്ന വിശ്വം ത്രിപുടി ഇല്ലാത്ത ശ്ലോകമാണത് വേത്താസി ഈ വേത്താവും വേദ്യവും എവിടെയിരിക്കുന്നു ആ അധിഷ്ഠാനം പരം ചധാമ അതാണ് ഭാഗവതത്തില്ഹകം സത്യം ആ ധാമത്തിനെ ശ്രദ്ധിച്ചാൽ വേത്താവുമില്ല വേദ്യവും ഇല്ല ജഗത്തുമില്ല ധാമനാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമി വേത്താസി വേദ്യം ചരം ച ധാമ ത്വയാ തഥം വേത്താവിലും അങ്ങ് വ്യാപിച്ചിരിക്കുന്നു വേദ്യത്തിലും അങ്ങ് വ്യാപിച്ചിരിക്കുന്നു ധാമത്തിലും അങ്ങിരിക്കുന്നു അവിടുന്ന് ആദിദേവനാണ് പുരു പുരാണ പുരുഷനാണ് വിശ്വത്തിൻ്റെ നിധാനമാണ് അറിയുന്ന ആളാണ് പമാതിദേവ സമാധിസ്ഥിതിയെ വാക്കല് പറയണോ അത്രയേ ഉള്ളൂ സമാധി പ്രജ്ഞയെ വാക്കലു പറയുന്നു മാതിരുഷ പുരാണ ത്മസ്യ വിശ്വസ പരം നിധാനം വേ വേദ്യം ചരം ചധാമ യാ തൂപേ അനന്തരൂപനായ ഭഗവാനേ വിശ്വം തതം എന്നുവച്ചാൽ പർവേഡ്സ് വ്യാപിച്ചിരിക്കുന്നു ഭഗവാൻ തന്നെ പറഞ്ഞു മയാ തതമിതം വിശ്വം അത് ഇവിടെ തിരിച്ചിട്ടു ഇതിനു മുമ്പ് ഒരു ശ്ലോകത്തിൽ ഭഗവാൻ മയാതതമിതം സർവം എന്ന് പറഞ്ഞു ഇവിടെ അർജുനൻ ത്വയാതമിതം വിശ്വം തിരിച്ചിട്ടു ഹേ അനന്തരൂപ प्रजापतिस्त्वं യുമുനിരുണ പ്രതി പ്രതാമഹ നമോ നമസ്തേസ്കൃത് പുനശ്ശൂപതി ശ്ലോകമാണ് अर्जुनन ഭഗവാനെ നമസ്കരിച്ചു കൊണ്ട് പറയാണ് ഹേ ആർ ഭഗവാന് ഈ വീശുന്ന കാറ്റ് അങ്ങാണ് വായു അങ്ങാണ് യമൻ അങ്ങാണ് അഗ്നി അങ്ങാണ് വരുണൻ അങ്ങാണ് ചന്ദ്രൻ അങ്ങാണ് പ്രജാപതി അങ്ങാണ് പ്രഭിതാമഹൻ അവിടുന്നാണ് പ്രഭിതാമഹൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശന്റെ അച്ഛൻ ബ്രഹ്മാവിന്റെ പിതാവ് എന്നുള്ള അർത്ഥത്തിലും പറയാം നമ്മളുടെ പരമ്പര മുഴുവൻ ഭഗവാൻ സാധാരണ ഗോത്രം പറയുമ്പോൾ ഇപ്പൊ ശ്രാദ്ധത്തിനൊക്കെ അച്ഛന്റെ പേരും ചിലർക്കൊക്കെ മുത്തശ്ശന്റെ പേര് തന്നെ അറിയില്ല മുത്തച്ഛന്റെ അച്ഛന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നാരായണൻ പരമേശ്വരൻ ശിവൻ പറഞ്ഞുകൊള്ളു അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും അതൊരു എളുപ്പമാവാനാണ് ഒരേ പോലെ പേര് വെക്കുന്നത് നാരായണൻന്ന് വെച്ച പേരക്കുട്ടിക്ക് നാരായണൻ പേര് വെക്കും ഏകദേശം അതേപോലെ കണക്കാക്കിയെ ശരിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണത് അപ്പൊ ശ്രാദ്ധ ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിച്ചു കൂട്ടാൻ ലക്ഷ്മി സരസ്വതി പാർവതി ഇങ്ങനെ വരും ഒക്കെ ഭഗവാന്റെ പേരാണ് അപ്പൊ മുത്തച്ഛന്റെ പേര് അറിയില്ലേ നാരായണൻ മുതുമുത്തച്ഛന്റെ പേരെന്താ നാരായണൻ പരമേശ്വരൻ മഹാദേവ് കൃഷ്ണൻ രാമൻ എന്തോ വായുർ യമോഗ്നി വരുണ ശശാങ്ക പ്രജാപതിഹിത്വം പ്രവിതാമഹശ്ശ നമോ നമസ്തേസ് സഹസ്രകൃത്വ ആയിരം പ്രാവശ്യം നമസ്കാരം സഹസ്രനാമം കൊണ്ട് ഭഗവാനെ നമസ്കരിക്കണേ നമസ്കരിച്ച് നമസ്കരിച്ച് മതിയാവാതുള്ള സന്തോഷാണേ വീണ്ടും വീണ്ടും വീണ്ടും ഭഗവാൻ എടുത്തൊരു ഭക്തി വരുമ്പോൾ ഒരു പ്രിയം വരുമ്പോ നമസ്കരിക്കും സഹസ്രകൃത്വ സഹസ്രനാമം എന്തിനായിരം പ്രാവശ്യം നാമം ഭഗവാന്റെ ഓരോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ നാമം ഒരു പ്രാവശ്യം കേൾക്കാൻ സന്തോഷമാണ് വീണ്ടും വീണ്ടും പല നാമങ്ങൾ പറഞ്ഞു ഒരേ ഭഗവാനെ ആനന്ദിച്ച് ഭക്തിയോടെ സ്തുതിക്കാണ് വിശ്വം വിഷ്ണുർവ ഷാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത്മ ഒരു പൂജാരി പറഞ്ഞു ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു ഒരു സഹസ്രനാമം ഒരു നൂറ് ശ്ലോകത്തിൽ തീർക്കാൻ പറ്റുമോന്നു സ്നേഹ ഇല്ലാതാവുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരണത് അല്ലേ തമിഴ്നാട്ടിൽ ഈ ധാരാളം തമാശ വരും സപ്താഹം ഒരു ഒരു അഞ്ചു ദിവസത്തില് സപ്താഹം നടത്താൻ പറ്റുമോ സപ്തം എന്നുള്ള വാക്കിന്റെ അർത്ഥമേ പോയില്ലേ സഹസ്രകൃത്വ ആയിരം പ്രാവശ്യം വീണ്ടും വീണും നമസ്കരിക്കും പുനശഭൂയോപി നമോ നമസ്തേ ആയിരം എന്ന് വെച്ചാൽ അർത്ഥം വീണ്ടും വീണ്ടും നമസ്കരിച്ചു വീണ്ടും പിന്നെയും പുനശ്ശഭൂയോപി വീണ്ടും നമസ്കാരം നന്ദി മതിയോ അർജുന നിനക്ക് നമസ്കരിച്ചത് മതിയു ഇല്ല ഇല്ലേ ഭഗവാൻ നുക്കൂ നമുസ് ശ്ലോകം നമോസ്തുവീരമിത വിക്രമസ്വം സമാനോഷി തോസി സർവ ആയിരം പ്രാവശ്യം നമസ്കരിച്ചു പിന്നെ പോരാതെ പിന്നെയും രണ്ടു മൂന്ന് പ്രാവശ്യം നമസ്കരിച്ചു പുനശ്ചെ ഭൂയോപി നമവും നമസ്തേ അത് കഴിഞ്ഞ് ഭഗവാൻ തൃപ്തി ആയോ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ അങ്ങനെ പ്രതിമയായിട്ട് നിക്കുന്നു ഇഷ്ടം പോലെ ചോദിക്കുന്നു അല്ലെങ്കിൽ എത്ര നേരം നിക്കും അപ്പൊ ഈ കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ ഒരു സാലഗ്രാമവും ശിവലിംഗവും പ്രതിമയായിട്ട് നിക്കുന്നത് ഇഷ്ടം പോലെ നമസ്കരിക്കാം ഇഷ്ടം പോലെ കുളിപ്പിക്കാം ഇഷ്ടം പോലെ അർച്ചിക്കാം ഇഷ്ടം പോലെ പ്രദക്ഷിണം ചെയ്യാം എന്ത് വേണേലും ചെയ്യാം ഇത് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് മൂർത്തി വിഗ്രഹാവുമ്പോൾ എത്ര വേണേലും ചെയ്യാം അപ്പൊ കാരുണ്യം കൊണ്ട് ഭഗവാനൊന്ന് വിഗ്രഹമായിട്ട് ഇരുന്ന് കൊടുത്തു പൂജിച്ചോളൂ എന്താ വേണേലും ചെയ്തോളൂ ഒരു കുഴപ്പമില്ല കുളിപ്പിച്ചു കുളിപ്പിച്ചിട്ട് മതിയാകില്ല അപ്പൊ അഭിഷേകം ചെയ്തുകൊണ്ടേ ഇരിക്കാം അല്ലേ ശരീരത്തോടെ ഇരിക്കുമ്പോൾ കൃഷ്ണന് ജലദോഷം പിടിക്കും അപ്പൊ ഭഗവാൻ കാരുണ്യം കൊണ്ട് നമസ്കരിച്ചോളു പ്രദക്ഷിണം ചെയ്തു പുനശൂയോ നമസ്തേ നമു ഒന്ന് നിക്കു മുമ്പ് നമസ്കരിക്കട്ടെ പിന്നെ പിന്നാലെ പോയ ആളെ എന്താ ചെയ്യണം പിന്നാലെ നമസ്കരിച്ചോണ്ടിരിക്കണം പുറകു വശത്ത് നമപസ്തേ കഴിഞ്ഞോ ഇല്ല വശത്തിൽ വന്ന് അതായത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇന്ദ്രൻ അഗ്നി യമൻ വായു പിന്നെ ഈശാനൻ ബിനിൻ ഇങ്ങനെ അഷ്ടവസ്തുക്കളുടെ അഷ്ടദിക്പാലകന്മാരുടെ ഓരോ ദിശയിലും നമസ്കരിച്ചാണ് അരുണാചലോ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അവിടെ നമസ്കരിച്ചോണ്ടേ പോകും മലയായതുകൊണ്ട് ശരി അല്ലേ ഭഗവാൻ പറഞ്ഞു ഭഗവാനെ നമസ്കരിക്കുക പ്രദക്ഷിണം ചെയ്യാനോ അടുത്തു പോയി തൊടാനോ ഒന്നും സമ്മതിക്കില്ലേ ആശ്രമത്തില് വെൽ പ്രൊട്ടക്ട് അപ്പോ ചിലക്കെണ്ട് അവരുടെ സ്വാതന്ത്ര്യം ഒരമ്മ വന്ന് നമസ്കരിക്കും പ്രദക്ഷിണം ചെയ്യും അപ്പൊ കൃഷ്ണസ്വാമി ഒരു അറ്റൻഡന്റ് ഉണ്ട് ചീത്ത പറഞ്ഞോണ്ടേ എനിക്കാണോ ഭക്തി ഉള്ളതെന്ന് കാണിക്കണം പറഞ്ഞാ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞു കൊറേ ചിത്രം ആ അമ്മ പറഞ്ഞു പഴുത്ത മരത്തിൽ കൊഴുത്ത മുള്ളു അപ്പൊ ഭഗവാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു നീ പ്രദക്ഷിണം വെക്കണു ഇവിടെ വരുന്നവരൊക്കെ വിചാരിക്കും എന്നെ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കും പിന്നെ എന്റെ ഗതി എന്തായി അരശമരന്ന ഈ ആലമരം പോലെ ഇരിക്കേണ്ടി വരും എല്ലാരും ചുറ്റിക്കൊണ്ടിരിക്കുന്നു മുമ്പിൽ നമസ്കരിച്ചു പുറകെ നമസ്കരിച്ചു വലതുവശത്ത് നമസ്കരിച്ചു ഇടതുവശത്ത് നമസ്കരിച്ചു നമോസ്തുതേ സർവ്വതവ സർവ എല്ലാവശത്തു നിന്നും ഭഗവാനെ നമസ്കരിക്കുക പ്രദക്ഷിണ അതോ ഒരു ഭക്തി വരുമ്പോ അങ്ങനെ ഭാവം വരുമ്പോ അല്ലെങ്കിൽ ഇതേ അർജുനനാണ് കുറച്ചു ദിവസം മുമ്പ് തോള് കൈട്ട് നടന്ന ആളാണ് ഇത് അവസാനവും ഭഗവാനെടുത്ത് അർജുനൻ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചു ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സകേതി ഇവിടെയും പറയാൻ പോണു ഇപ്പോൾ പറയുകയാണ് മുമ്പിൽ നമസ്കരിക്കുക അനന്തവീര്യ അമിത വിക്രമ അന്തമില്ലാത്ത വീര്യത്തോടുകൂടി അമിത വിക്രമനായിട്ടുള്ള സർവേശ്വര ത്രിവിക്രമനായിട്ടുള്ള ഭഗവാനെ ത്രിവിക്രമെന്നുവെച്ചാൽ വാമനായിട്ടിരുന്ന് ത്രിവിക്രമനായി ഭഗവാൻ്റെ മൂന്നടി കൊണ്ട് പ്രപഞ്ചം മുഴുവൻ അളന്നെടുത്ത ത്രിവിക്രമനായിട്ടുള്ള വിശ്വേശ്വര അനന്തവീര്യ അമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി എല്ലാം കംപ്ലീറ്റ് ആയി വ്യാപിച്ചു തതഹ ഇല്ലാത്ത സ്ഥലമൊന്നും കാണാനില്ലാതെ തതോസി സർവം എവിടെ നമസ്കരിക്കും എവിടെ പൂജിക്കും അങ്ങനെയുള്ള അവിടുത്തെ ഞാൻ എന്തൊക്കെ പറഞ്ഞ് വിളിച്ചു സഖേതിമത് പ്രസഭം യുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാത് പ്രണയന വാപി സഖേതിമത്വ ഒരു ഫ്രണ്ടാണെന്ന് ധരിച്ച് ബലമായി ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി സഭ്യമാണോ അസഭ്യമാണോ എന്നറിയില്ല എന്തൊക്കെയോ ഞാൻ പറഞ്ഞുപോയി അലക്ഷ്യമായി എന്തൊക്കെയോ പറഞ്ഞുപോയി പ്രസഭം യദുക്തം അലക്ഷ്യമായിട്ട് ഹേ കൃഷ്ണ ഹേ യാദവ ഹേ കൃഷ്ണ ഹേ കാലിച്ചക്ക എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് യാദവന്ന് വെച്ചാൽ അതാണ് പശു മേക്കാൻ പോകുന്ന കൂട്ടത്തില് ആള് ഹേ യാദവ ഹേ സഖേത്തി ഫ്രണ്ട് സഖാവേ എന്ന് വിളിച്ചു ഇങ്ങനെയൊക്കെ എന്തേ വിളിച്ച അജാനതാ മഹിമാനം അവിടുത്തെ മഹിമ അറിയാതെ ഇങ്ങനെയൊക്കെ വിളിച്ചു ഒരുപക്ഷെ എന്തുകൊണ്ടാ എനിക്കന്നെ നിശ്ചയില്ല ഞാൻ പ്രണയം കൊണ്ട് പ്രിയം കൊണ്ട് ഭക്തി കൊണ്ട് വിളിച്ചതാണോ അല്ലാതെ എന്റെ ബുദ്ധിയിൽ അഭിമാനം അഹങ്കാരം വന്ന് വഴിതെറ്റിപ്പോയിട്ട് വിളിച്ചതാണോ എനിക്ക് നിശ്ചയില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഇപ്പൊ എനിക്കൊന്നും ന്യായീകരിക്കാനായി ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല സഖേതിമത്വ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേത്തി അജാനതമഹിമാനം അവിടുത്തെ മഹിമ വൈഭവമറിയ പറഞ്ഞതൊക്കെ ചാവത്കൃസി വിഹാരശയാസന ഭോജനേഷ്യച്ചുതത്സമക്ഷം തക്ഷാമേ മഹമ്രമേയ അഥവാ തത് സമക്ഷമപ്പി തനിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറെ ആളുകൾ ഇരിക്കുമ്പോഴോ ഒക്കെ തന്നെ അവഹാസാർത്ഥം പരിഹാസാർത്ഥമായിട്ട് സാധാരണ ആളുകളെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പലതും പറഞ്ഞാൽ ഒരു ദേഷ്യം വരും തനിയെ പറഞ്ഞാൽ കുഴപ്പമില്ല നാലുപേരുടെ മുമ്പിൽ വെച്ച് തന്നെ എന്തൊക്കെയാ പറയണതെന്ന് ചോദിക്കും അപ്പൊ അർജുനൻ പറയണം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു തനിച്ചിരിക്കുമ്പോഴും ചീത്ത വിളിച്ചു കളിയാക്കി നാലാളുകൾ ഉള്ളപ്പോ പല ആളുകളുടെ മുമ്പിലും വെച്ചും പരിഹാസിച്ചു അസത്കൃതഹാസി അപമാനിച്ചു എന്നിട്ടും അപഹസിക്കുകയും ചെയ്തു തത് അപ്രമേയം അളവില്ലാത്ത മഹിമയോടുകൂടി അചിന്യപ്രഭാവത്തോടു കൂടി അങ്ങയെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു ക്ഷാമയെ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത അപചാരം അപരാധം അവിടുന്ന് ക്ഷമിച്ച് അനുഗ്രഹിക്കണം ആശീർവദിക്കണം അങ്ങ് അച്ഛനാണ് അമ്മയാണ് ബന്ധുവാണ് സഖാവാണ് സുഹൃത്താണ് സർവസ്വമാണ് അവിടുന്നല്ലാതെ എനിക്ക് വേറെ ആരുമില്ല പിതാസി ലോക ത് ഗുരുഗരീയാൻസമോസ്ത്യഭ്യകുന്യ ലോകത്രയേപി അപ്രതിമ പ്രഭാസി അവിടുന്ന് അച്ഛനാണ് ചരാചരസി ചരാചരത്തിന് മുഴുവൻ അവിടുന്ന് അച്ഛനാണ് അവിടുന്ന് ഗുരുവാണ് ഗരിയാൻ ഗുരു ശ്രേഷ്ഠനായ ഗുരുവാണ് പൂജ്യനാണ് അവിടത്തേക്ക് സമമായിട്ടോ അധികമായിട്ടോ വേറെ ആരുണ്ട് സമ അസ്ഥി അഭ്യധികോകേപ്പി ലോകത്രയത്തിലും ഹേ അപ്രതിമപ്രഭാവ അങ്ങക്ക് തുല്യമായ പ്രഭാവത്തോടു കൂടി അങ്ങക്ക് തസ്യ പ്രതിമ അസ്ഥി എന്നാണ് ഒരു ഒരു പ്രതിമ ഇല്ല അങ്ങക്ക് തുല്യമായി ഇങ്ങനെയെന്ന് പറയാനൊന്നുമില്ല ഹേ ഭഗവൻ അവിടുന്ന് എല്ലാം എല്ലാമാണെന്ന് പറഞ്ഞ് ഭഗവാനെ അർജുനൻ വീണ്ടും നമസ്കരിക്കുകയാണ് അർജുനന്റെ ബാക്കിയുള്ള ശ്ലോകങ്ങളും ഭഗവാന്റെ അനുഗ്രഹവും ഒക്കെ നമ്മൾ നാളെ കാണാം ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ േ ഹരേ ഹേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ യോ മമാത്മാസി ത്വമ തോന്നം അതി യഥാഷ്ടം കൂർമാത്മനാഥം രമണം ഭ